അന്തരുപാത്തേ ശാത്ത പാവനമചന് വൈഭവം നരം ബഹുഷി കുഞ്ചരം മുഖേ മന്മഹേ തുന്തിലം മഹുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രമ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവ്യാപ്തേഹിമൂർത്തമ യന്തിമ്യം നി കരചരണം നാമ ഗോത്രം നൂത്രം ോ ജാതിർവ വർണ്ണുതി പുരുഷോ നസം സ്ത്രീ നോ വിനിമരണസ്തി പു്യം പാപം തോ തേകം സഹജ സമരസം സഗുരു തം നമു സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാര്യപര്യത്തം വന്ദേ ഗുരുപരംപരാ മൌനവ്യകട്രഹ്മത്തം യുവാനർഷിഷ്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിത ചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീഡേ േവിഭാസകാ യന്യ സവാദി നഗേന്ദ്രസംഖപേ യോഗീന്ദ്രവ്യ മോഹധ്വാതിമാകരാ ഭഗവത് പദിതിഭ്രം തസ്മൈ ഭാഷ്യ നമോസ്തു സതമ പൂർണ്ണയ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണ ഗീരം ചിന്വിഹീനം ഹൃദ ചിന്തയാഹം ൃണ്മയവ്ജടാത്മകഹം ബുദ്ധിത്തോ ഹം തത്തദാവസുക്തിസമയ സിദ്ധാത്മസദ്ഭാവ സോഹം ഭാവയു കു വരധിയ ദൃഷ്ട്വാത്മനിഷ്ടത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാ ചലശിവർണോ വിഭാതി സ്വയം കരുണ പൂർണ്ണസുധാധേ കബളിതഘന വിശ്വ കിരണാവലിയ അരുണാചല പരമാരുണോഭവചിത്തു വികസരുണാചലസൂസ് പ്രലീനമേതം ഹൃദ്യഹിത്മതയാ ഭോ തേ വദി ഹൃദയം നമ അഹമിതി കുത ആയാതീന് പ്രവിഷ്ടയാമലധിയവഗമ്യ സ്വം ൂപം बाह्यं। തഷയം ബാഹ്യം രുദ്ധപ്രാണന രുദ്ധമനസ ध्यायन पश्यत योगी दीधितिम ശ്യോ ദീതി അരുണാചല ി മഹീയം തേ ർപ്പമനസം പശ്യൻസാ സതും ഭജത്തെ അനന്യീ സജയത്യരുചല सुखे മഗ്ന ഹൃദയഗുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹ സാക്ഷാദത്മ ൂപേണ ഭാതി ഹൃദി വിശമനസം ചിൻബ്ജത പവനചലന രുധാത്മനിഷ്ടോസ്മാജ്ജാതം ജഗത്സവം യന്നലീയത്തെ േദത്തെ ചൈ തസ്മൈ ജാത്മനേനമഹ പ്രജ്ഞാശുപ്രദാന സ്ഥിരചരനികോകാൻ ഭുക്താൻ പുനരപണോഭാസിതാ കാമജനിയൻ പീവാ സർവാൻ വിശേഷാൻ स्वपिति माया परं अमृतं ധുരഭൂ മായയാ ഭോജയന്നഹം മാഖ്യീയം പരമൃതമജം ബ്രംഹയത്തന്നി യോ नाम വാചയിമാസുക്ത शहस्त ശക്തിധരസ്വധാ അനാശഹസ്തരണശ്രവത്വാദീൻ ോ ഭഗവത്തെ പുരുഷാഭ്യം പാർ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസേനഗ്രഥിതാ പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവ विशाल അഷ്ടധ്യംബ ധാമി ഭഗവത്ഗീതീ നമോസ്തുവ്യസവിളബുദ്ധി ഫുൾവിയതപത്രേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ പ്രപന്നപാരിജാതോത്രൈകാണയ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേന വസുദേവസുത കംസചാണൂരമർദന ദം കൃഷ്ണുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരി യത്കൃതമയ ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതൺവന്തി വേദൈസ്രമോപനിഷദൈർഗായം സമഗാഹ്യാസ്തദ്ഗത മനസാ പശ്യം യോഗിനോ യം നദുസുരാഗണ പാർസാരത്തിരുപേണി ശുഭം ഗിരം പാർത്ഥസർത്തിഹരോ ദൂർത്തി സ പാതുന ശ്രീമദ്ഭഗവത്ഗീത പതിനൊന്നാമത്തെ അധ്യായം വിശ്വരൂപ ദർശനമാണ് നമുക്ക് ഈ വർഷത്തെ വിഷയം അത് തന്നെ വലിയ അധ്യായമാണ് കഴിഞ്ഞ അധ്യായം വിഭൂതിയോഗം വിഭൂതി ഭഗവാന്റെ വിഭൂതികളെയൊക്കെ വർണ്ണിക്കുന്ന അധ്യായമായിരുന്നു അത് നമ്മൾ അവസാനമാകുമ്പോൾ കുറച്ച് ഓടി സാറല്ല സമസ്തവേദാർത്ഥസാരസംഗ്രഹഭൂതം ഗീതയുടെ ഭഗവത്ഗീതയുടെ പ്രയോജനം എന്താണ് എന്നുള്ളത് ഭഗവാൻ ആദിമ്യ അവസാനത്തിൽ ഗീതയിൽ മുഴുവനും പറഞ്ഞു വരുന്നു എങ്കിലും ഗീത അവസാനിക്കുമ്പോ എന്താ ഇതിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ ഉപൈത്തി തത പരാം ശാന്തി സാക്ഷാത് ഗീത ആരംഭിക്കുമ്പോ ഗീതയുടെ കമൻട്രി ഭാഷ്യം എഴുതുമ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു അസ്യ ഗീതാശാസ്ത്ര പരമം പ്രയോജനം സംസാര അത്യന്ത ഉപരമലക്ഷണം ജ്ഞാനം സംസാരം എന്നുവെച്ചാൽ തന്നെ ദുഃഖം എന്നുതന്നെ അർത്ഥം സരതീത്തി സംസാര ഒഴുകിക്കൊണ്ടേയിരിക്കണത് പരിണമിച്ചുകൊണ്ടേയിരിക്കണു ചേഞ്ച് ഫ്ലക്സ് മാറിക്കൊണ്ടേയിരിക്കണം പുറത്ത് നോക്കിയാല് കണ്ടുകൊണ്ടിരിക്കണ ഒരു പ്രതിഭാസാണ് മാറ്റം ശരീരത്തിൽ മാറ്റേണ്ട് മനസ്സിൽ മാറ്റേണ്ട് കാണുന്ന വസ്തുക്കളൊക്കെ പരിണമിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ശ്രവണം ചെയ്യുമ്പോൾ എഴുതരുത് എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണിത് ശ്രവണമെന്ന് പറയണത് ഒരു തപസ്സാണ് ക്ലാസ് അല്ല വേദാന്തം ക്ലാസ്സിൽ പഠിച്ചാൽ പ്രയോജനപ്പെടില്ല വേദാന്തം നിങ്ങൾ മനസ്സിലാക്കിയാൽ പ്രയോജനപ്പെടില്ല പലരും പറയണത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് പഠിപ്പിക്കുകയാണെന്ന് അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടൊന്നും ഇത് ഉള്ളില് പോവില്ല ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ ഇത് നല്ല വൈരാഗ്യത്തോടെ വിവേകത്തോടെ വൈരാഗ്യം എന്ന് വെച്ചാൽ എനിക്ക് ശാന്തി വേണം അതാണ് വൈരാഗ്യം അതന്നെയാണ് വിവേകം ശാന്തി അല്ലാത്തതിനൊക്കെ തള്ളിക്കളയുന്നത് വൈരാഗ്യം ശാന്തിയെ മാത്രം ആഗ്രഹിക്കുന്നവനാണ് മുമുക്ഷു ഇതൊരു പുതിയ ഡെഫനേഷൻ ആയിരിക്കാം മോക്ഷം ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പോ വിചാരിക്കും മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താന്ന് ആർക്കും അറിയില്ല മുക്തി വേണം മുക്തി നിന്ന് എന്താ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു കാര്യമാണെന്നേ പലർക്കും അറിയുള്ളൂ അല്ലേ ഇപ്പൊ സമാധി എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കുന്നത് ശവകുടീരം എന്നാണ് ഭഗവാൻ ഗീതയില് മനസ്സിന്റെ സമസ്ഥിതി സമാധി ആത്മാവന്റെ സ്വരൂപൻ അല്ലേ ഇതുപോലെ വെർബൽ ഡെലൂഷൻ ഒരുപാടുണ്ട് അതുപോലെ മുമുക്ഷു ആരാണ് സത്സംഗത്തിന് അധികാരി ആരാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു പത്താം അധ്യായം തൊട്ട് കുറച്ച് വിട്ടുപോയതൊക്കെ എന്നെ പറഞ്ഞു അത് കഴിഞ്ഞ പ്രാവശ്യത്തോടെ കഴിഞ്ഞു അപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ പറഞ്ഞിണ്ടാവും അല്ലേ അപ്പോ ഉള്ള ആളുകൾ കാണാനില്ല ശ്രവണത്തിന്റെ പ്രയോജനം മനസ്സിലാക്കലല്ല പഠിക്കലല്ല ബൈഹാർട്ട് ചെയ്യലല്ല ഗീതാ കോമ്പറ്റീഷൻ അല്ലേ എല്ലായിടത്തും നടക്കുന്നു നല്ലത് ശ്ലോകം ബൈഹാർട്ട് ചെയ്യാനും ഒരു പ്രയോജനപ്പെടും പക്ഷെ അതൊക്കെ കോമ്പറ്റീഷൻ കഴിഞ്ഞ പിള്ളേരും മറന്നുപോവുക അതൊന്നും ഇപ്പോ ഒന്ന് വന്ന് ഭജന കോമ്പറ്റീഷൻ അവിടെ ആർക്ക് തോന്നുന്നു നാമസംഖ്യ ഭക്തി കോമ്പറ്റീഷൻ ധ്യാനം കോമ്പറ്റീഷൻ ഒക്കെ വരും ശാന്തി വേണം എന്ന് അത് മാത്രം അതിനെ മാത്രം വരിക്കുന്ന ആള് വരണം വരിക്കുന്നവൻ വരിക്കപ്പെടുന്നവനാണ് ഈശ്വരൻ ഈശ്വരന്റെ സ്വരൂപമാണ് ശാന്തി എന്ന് പറഞ്ഞത് ശാന്തകാരം ഭുജകശയനം അല്ലേ ആ രണ്ടു വാക്ക് വളരെ അർത്ഥവത്താണ് ശാന്തിയുടെ ആകാരത്തിലുള്ള ഭഗവാൻ പാമ്പിന്റെ മേലെ കിടക്കണെന്നാണ് പാമ്പിന്റെ മേലെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റോ പാമ്പിന്റെ മേലെ സമാധാനായിട്ട് ഉറങ്ങാൻ പറ്റോ ഭുജകംന്ന് വെച്ച പാമ്പ് സംസാരമാണത് സംസാരത്തിന്റെ നടുവിലിരുന്നുകൊണ്ട് ശാന്താകാരം ശാന്തമായിട്ട് എത്തി അപ്പൊ ഈ ശാന്തിയെ മാത്രം വരിക്കുകയാണ് ഓൺലി പർപ്പസ് അങ്ങനെയുള്ള ആളെയാണ് മുമുക്ഷു എന്ന് പറയേണ്ടത് അയാൾ മാത്രമാണ് ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ഈസ് എ സ്പിരിച്വൽ സീക്കർ എനിക്ക് ഭാഗവതം പഠിക്കണം ഗീത പഠിക്കണം നാരായണീയം പഠിക്കണം ഒക്കെ പഠിച്ചോളൂ പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നാലാളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സമ്മാനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹമാണെങ്കിൽ പോലും നിങ്ങൾ മുമുക്ഷുവല്ല അതുകൊണ്ടാണ് പറയുന്നത് എഴുതരുത് എന്ന് പറയണത് എഴുതിയാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല എത്രയോ എഴുതി എത്രയോ പഠിച്ചു ഇല്ലേ സ്കൂളിൽ മുഴുവൻ എത്ര ഇമ്പോസിഷൻ എഴുതിയൊക്കെ പോയി പഠിച്ചതൊക്കെ പോയി പഠിച്ചതൊക്കെ പോയി ഋഷികളുടെ ഒരു പഠിപ്പുണ്ട് ആ പഠിപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ സത്യം വധ എന്ന് ഗുരു പറയുമ്പോ പഠിച്ചാൽ പിന്നെ അവന്റെ വായിൽ നുണ വരില്ല അങ്ങനെ വേണം പഠിക്കാൻ അല്ലാതെ സത്യം അത് എന്ന് പഠിച്ചിട്ട് പിന്നെ സത്യം നുണ പറയാതിരിക്കാൻ പിന്നെ ഒരു പ്രാക്ടീസ് ഇല്ല അതുപോലെ ഗുരു ആത്മവിദ്യ ഉപദേശിക്കുമ്പോ ശ്രവണം ചെയ്യുമ്പോ അത് കേൾക്കുമ്പോ തന്നെ ഞാൻ ആത്മാവാണ് ശരീരമല്ല എന്നുള്ള ബോധം വരണം അങ്ങനെ ശ്രവിക്കണമെന്ന് കൺവിക്ഷൻ അപ്പ വരണം കേൾക്കുമ്പോ അങ്ങനെ കേൾക്കാൻ കഴിയണമെങ്കിൽ ചിലർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാ ദോഷുണ്ട് എന്താ ദോഷത്തിന്റെ മുഖ്യ ഹേതു ശാന്തി അല്ലാതെ വേറെ എന്തോ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുഴപ്പം എന്തോ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ലൗകിക ആഗ്രഹമൊക്കെ വിട്ടുള്ളൂ നിങ്ങളുടെ പ്രാരബ്ദത്തിന്റെ ബുദ്ധിമുട്ടുകളോ ജോലി വേണം പണം വേണം വിശപ്പ് ആഹാരം വേണം അതൊന്നും കുഴപ്പമില്ല ഈ കേൾക്കുന്നത് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശാന്തി നിങ്ങളുടെ പ്രാരബത്തിന്റെ വിഷമം ഒന്നും പ്രശ്നമേ അല്ല ഭഗവാൻ ഗീതയിൽ പറയണത് ചില ആഗ്രഹങ്ങളൊക്കെ എന്റെ സ്വരൂപമാണ് ഭഗവാൻ ഏത് ആഗ്രഹം എന്ന് വെച്ചാൽ ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോ ചില ആഗ്രഹമില്ലാതെ ജീവിതമേ ഇല്ല അല്ലേ വിശപ്പ് വിശക്കണു അതൊരാഗ്രഹം അല്ലേ ഇനി മുതൽ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി വിശപ്പ് വിശപ്പ് ഊണ് ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കുഴികുഴിച്ചു വെക്കാം അല്ലേ ഉറങ്ങാൻ ആക പറയാൻ പറ്റുമോ അതേപോലെ ജീവിതത്തിൽ നമ്മള് ജനിച്ച സന്ദർഭത്തിനനുസരിച്ചുള്ള ചില ധർമ്മങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഭഗവാൻ പറയണത് അതൊക്കെ എന്റെ സ്വരൂപാണെന്നാണ് അതൊന്നും വിരോധല്ല വിരോധം നമ്മള് സത്സംഗത്തിലേക്ക് വന്നിട്ട് ഈ ബ്രഹ്മവിദ്യ നിങ്ങൾ എന്തിനും കേൾക്കണം ഗീത എന്തിനു കേൾക്കണോ അത് ഗീത പഠിക്കണം എന്തിനാണ് പഠിക്കണത് ഒരു ബോംബെല് ഒരു വലിയ ജ്ഞാനി ഉണ്ടായിരുന്നു ബോംബെയിലെ ഒരു ജ്ഞാനിന്ന് പറയുമ്പോ തന്നെ നമുക്ക് വളരെ വിചിത്രാണ് അല്ലെ ഒരു സിറ്റി വളരെ മോശമായ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ജോലി എന്താന്ന് വെച്ചാൽ ബീഡി തിരക്കലായിരുന്നു നിസർഗത്ത മഹാരാജ് അദ്ദേഹത്തിനടുത്ത് ഗീത ക്ലാസ് എടുക്കുന്ന ഒരു സ്വാമി വന്നു ഒരിക്കലും വളരെ ഞാൻ എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവമുണ്ട് എന്നിട്ട് എന്തോ കാര്യമായിട്ടൊരു സീരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചു അപ്പൊ മഹാരാജ് പറഞ്ഞു നീ ഇനിയും ആരോ എഴുതി വെച്ചതൊക്കെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് ഇനിയും ഇത് അനുഭവമില്ല നീ ചോദ്യം ചോദിക്കരുത് എല്ലാവരുടെ മുമ്പിലും വെച്ച് വോമിറ്റിംഗ് ഈ ശാസ്ത്രം ഒന്നും നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് പ്രയോജനം ശാന്തി ഇല്ലെങ്കിൽ ഒക്കെ വേസ്റ്റ് ഉയിന്തത് ഒ അല്ല എന്ന് അറി ഭഗവാൻ നമ്മുടെ ഭഗവാൻ ഒരു ഒരു തമിഴിൽ ഒരു പാട്ട് എഴുതി കറ്റവറുകളിൽ കല്ലാതാരെ ഉയന്താറു ഈ പഠിച്ചിട്ട് ഉള്ള ആളുകൾക്ക് ഒരുപാട് വിഷമാണെന്നാണ് എന്താന്ന് വെച്ചാൽ കിട്ടിയതൊന്നും പോരാ റെക്കഗ്നിഷൻ പോരാ അവാർഡ് കിട്ടിയില്ല നോബൽ പ്രൈസ് കിട്ടിയില്ല പത്മഭൂഷൺ കിട്ടിയില്ല പിന്നെ സമ്പാദിച്ചതൊന്നും പോരാ അല്ലേ ഇപ്പൊ അധ്യാത്മ ലോകത്തിലുള്ള മായ പോലെ വേറെ ഒരിടത്തും ഇല്ല ഒത്തിരി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അമേരിക്കയിൽ പോയി ലെക്ചർ വല്ല സന്ദർഭം കിട്ടുമോ ഇത് ശങ്കരാചാര്യർ അന്നേ പറഞ്ഞു ശ്രുതിശതനിഗമാന്തോധകാനപാതിനിദർശനുഷ് ചതുഷ്പാതി അഭിതഘടന ഈ മായ നല്ലവണ്ണം വേദാന്തശാസ്ത്രവും ഒക്കെ അറിയണ ആളുകളെ പോലും നാൽക്കാലികളെ പോലെ നടത്തിപ്പിക്കുകയാണ് ആഗ്രഹവും കൊണ്ട് ഗീതയും വേദാന്തവും ഉപനിഷത്തുമൊക്കെ എന്തിനാണ് എന്ന് ആദ്യം തീരുമാനിക്കും ശ്രവണത്തിന് മുമ്പ് ശരിക്കും നമുക്ക് ശ്രവണം ചെയ്യണമെങ്കിൽ നേരെ സെന്ററിലേക്ക് പോകണമെങ്കിൽ ഉള്ളില് ഒരു ഫസ്റ്റ് ഒരു നമ്മള് സാധാരണ വൈദിക കർമ്മങ്ങൾക്കൊക്കെ പറയും ആദ്യം ഒരു സങ്കല്പം അതുപോലെ ശ്രവണത്തിന് മുമ്പ് ഒരു സങ്കർപ്പ സങ്കല്പാണ് എനിക്ക് ശാന്തി വേണം ശാന്തി മാത്രമേ വേണ്ടൂ അവനാണ് മുമുക്ഷം എനിക്ക് ശാന്തി വേണം ശാന്തി മാത്രമേ വേണ്ടൂ വേറൊന്നും ആഗ്രഹിക്കരുത് അധ്യാത്മമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭക്തി ധ്യാനം മുതലായിട്ടുള്ളത് പോലും ആഗ്രഹിക്കരുത് ബാക്കിയൊക്കെ വന്നോളും പുറകെ വന്നോളൂ ശാന്തി വേണം കാരണം ശാന്തിയെ വരിക്കുന്നവൻ ആത്മാവനെ വരിക്കണു അപ്പൊ ശാന്തിയെ ഭഞ്ജിക്കുന്നതൊക്കെ നമ്മൾ താനെ തള്ളിക്കളയുന്നു ശാന്തി എന്ന് പറയുന്നത് നേടിയെടുക്കേണ്ടതല്ല അത് നമ്മളുടെ സ്വരൂപമാണ് സ്വഭാവമാണ് ഒന്നും ചെയ്യാതിരിക്കുമ്പോ ശാന്തിയുണ്ട് ഒന്നും അറിയാനില്ലെങ്കിൽ ശാന്തി ഉണ്ട് ആഗ്രഹമില്ലെങ്കിൽ ശാന്തി ഉണ്ട് അപ്പൊ ഈ ആഗ്രഹം ചെയ്യല് അറിയല് ഒക്കെ ശാന്തിയെ ഭഞ്ചിക്കുന്നു കുറച്ചു നേരത്തേക്ക് അത് അടങ്ങി കഴിയുമ്പോ ശാന്തി അപ്പൊ ശാന്തി എപ്പോഴും ഉണ്ട് ആഗ്രഹിക്കുന്നത് ശാന്തി അറിഞ്ഞില്ല എന്തോ ചെയ്യണത് ശാന്തി അറിഞ്ഞില്ല ചിന്തിക്കണത് ശാന്തി അറിഞ്ഞില്ല ഇനി കുറച്ചും കൂടെ മേലെ പോയി കഴിയുമ്പോ അറിയും ഉറങ്ങണത് ശാന്തി അറിയണില്ല ശാന്തി ഉത്തമമായ ശാന്തി നമ്മളുടെ സ്വരൂപമാണ് അതിന് എപ്പോഴും അതിന്റെ സ്വഭാവം തന്നെ അത് മംഗളമാണ് പൂർണമാണ് ശിവം ശാന്തം അദ്വൈതം ആ ശാന്തിയാണ് അധ്യാത്മ ഫലം പഴുത്ത പെണ്ണമാണ് ഒരു ജ്ഞാനിക്ക് എന്താ അയാൾക്ക് ഇപ്പൊ പ്രത്യേകമായിട്ട് ഒരു അനുഭവം ഉള്ളത് എന്നുവെച്ചാൽ ഒന്നുമില്ല ശാന്തി സമാധാനം ആ ശാന്തി ഹൃദയത്തിലുള്ളപ്പോ ധന്യതയുണ്ട് ആ ശാന്തി യാതൊന്നുകൊണ്ടും ഭഞ്ജിക്കപ്പെടാതെ ഇരിക്കുന്നതിനെ ഭഗവാൻ ഗീതയിലെ യോഗം എന്ന് വിളിച്ചു ഒരു പ്രശ്നവും ശാന്തി ഉണ്ടെങ്കിൽ പോരാ അതോ കാട്ടിലിരിക്കുമ്പോൾ ശാന്തിയുണ്ട് ഗുഹയിലിരിക്കുമ്പോൾ ശാന്തിയുണ്ട് അല്ല തുഷാരകരബിംബാക്ഷം അനൂയസ്യ നിരാകുലം മരണ ഉത്സവയുദ്ധേഷു സഥ്യത്തെ മരണം നടക്കുമ്പോൾ ഉത്സവം നടക്കുമ്പോൾ യുദ്ധം നടക്കുമ്പോൾ അതിന്റെ നടുവിലൊക്കെ തന്നെ ഈ ശാന്തി ഭഞ്ജിക്കപ്പെടുന്നില്ല ദുഃഖേഷു യക്രോധ സ്ഥിത മുനിരുന്ന് ഭഗവാൻ മുനിക്ക് ലക്ഷണം പറഞ്ഞു ദുഃഖേഷു അനുദ്വിഗ്നമനഹ ദുഃഖം വരാതിരിക്കോ ലോകത്തിൽ ജനിച്ചാൽ ജീവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ദുഃഖം വന്നുകൊണ്ടേയിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ ചളിയാവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ഒന്നും ചെയ്യണ്ട ചളിയായിക്കോളും വൃത്തിയാവാനെ കുളിക്കണ്ടു ചളിയാവാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ജീവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പ്രാരബ്ധത്തിന്റെ വിഷമങ്ങൾ വന്നുകൊ വന്നുകൊണ്ടേയിരിക്കും അനുദ്വിഗ്ന മനോഹം നമ്മള് ധരിക്കണ വരാതിരിക്കാൻ വല്ല വഴിയുണ്ടോന്നാണ് ദുഃഖം വരാതിരിക്കാൻ വഴിയില്ല ബാധിക്കപ്പെടാതിരിക്കാൻ വഴിയുണ്ട് ദുഃഖം വരാതിരിക്കില്ല കാരണം ശരീരം എടുക്കുമ്പോ തന്നെ നമ്മള് ദുഃഖം എടുത്തു കഴിഞ്ഞു ശരീരം എടുക്കുമ്പോ തന്നെ സുഖത്തിനെ എടുത്തു കഴിഞ്ഞു സുഖമും ദുഃഖം തന്നെയാണ് യോഗിക്ക് സുഖമും ദുഃഖം തന്നെയാണ് സുഖം ഒരു വലിയ ദുഃഖമാണ് ഒരുപാട് സുഖിച്ചാൽ ഇന്നത്തെ മോഡേൺ സൈക്കാട്രിയുടെ ഒരു റിസർച്ചാണ് അവർ പറയണത് ഒരുപാട് പ്ലഷർ അനുഭവിച്ചാൽ അയാള് സ്യൂസൈഡ് ചെയ്യും എന്നാണ് ഫ്രസ്ട്രേറ്റഡും അതെന്ന് വെച്ചാൽ ശരീരത്തെ തന്നെ നിക്കണു അല്ലെ സുഖമൊക്കെ ശരീരത്തിന്റെ ആണല്ലോ അപ്പൊ ഉള്ളില് ഒരു ശൂന്യത വന്നിട്ട് ചത്തു ചത്തുപോണമെന്ന് തോന്നും എന്നുവെച്ചാൽ ശരീരത്തിന് ഇല്ലാതാക്കണം തോന്നിപ്പോകും അതുകൊണ്ട് സുഖവും ഒരു ദുഃഖം തന്നെയാണ് അതു അസുഖം സമം എന്നാണ് ഭാഗവതത്തില് കപില ഭഗവാൻ യോഗസ്ഥിതിയെ വ്യാഖ്യാനിക്കുന്നത് അവിടെ ദുഃഖവുമല്ല ശാന്തി മാത്രം ശാന്തി ആത്മാവന്റെ സ്വരൂപമാണ് നിരന്തരമായ ശാന്തിയാണ് സമാധി എന്ന് പറഞ്ഞത് ശാന്തി തന്നെയാണ് ആത്മാ എന്ന് പറഞ്ഞത് ശാന്തോ എം ആത്മാതി തന്നെയാണ് ഭഗവാന് ശരണാഗതി ചെയ്യണ ഭക്തന് കിട്ടുന്ന വലിയ ഫലം ഈശ്വരൂ ഹൃദ്ദേശേ അർജുന തിഷത്തി ഭ്രാമയൻ അന്ത്രാരൂഢാ മായയാ തമേവരണം ഗവ തത്ത് പരാം ശാതിന് വരണത്തെ അമൃതം ഒരു രസായം അല്ലെ സത്സംഗത്തില് സുഖമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ ശാന്തി ആയിട്ടിരുന്നു അല്ലാതെ സത്സംഗത്തിൽ എന്ത് കിട്ടാൻ പോണു ശ്രവണം ചെയ്യേണ്ടത് ഫലം എന്തെങ്കിലും അറിയാനാണെങ്കിൽ സത്സംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല ക്ലാസ്സിൽ എവിടെയെങ്കിലും പോവാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കിയാൽ തന്നെ കിട്ടും നിങ്ങൾക്കിപ്പോ നെറ്റിൽ പോയാൽ തന്നെ കിട്ടും അല്ലെ നമുക്ക് ശാന്തി എന്ന് പറയതാണ് ആത്മാവിന്റെ സ്വരൂപം അതാണ് സംസാരത്തിന്റെ അത്യമ അത്യന്ത ഉപരമലക്ഷണം ജ്ഞാനം എന്ന് പറഞ്ഞു ഭഗവത് ജ്ഞാനം എന്ന് വെച്ചാലും ശാന്തിയാണെന്നാണ് ജ്ഞാനം ജ്ഞാനം എന്ന് പറയണമല്ലോ എന്താ ജ്ഞാനം എന്ന് പറഞ്ഞു ഉടനെ നമുക്കൊരു മിസ്റ്റേക്ക് വരണത് അറിവാണെന്നാണ് അറിവെന്നാവട്ടെ അറിവെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അഗ്നിയെ എപ്പോ അറിയാൻ പറ്റും അഗ്നിയായിട്ട് തീരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ബ്രഹ്മവി ബ്രഹ്മൈവീ ബ്രഹ്മൈവ സൻ ബ്രഹ്മാ ബ്രഹ്മത്തിനെ അറിയുന്നവൻ എങ്ങനെ അറിയണു ബ്രഹ്മമായിട്ട് ഇരുന്നു കൊണ്ട് അറിയണു ആത്മാവനെ അറിയണവൻ എങ്ങനെ അറിയണു ആത്മാവായിട്ട് ഇരുന്നറിയണം അല്ലാതെ മൂ ബുദ്ധികൊണ്ട് മാത്രമല്ല വിട്ടു നിന്നുള്ള അറിവല്ല സ്വയം അത് തന്നെയായിട്ടുള്ള അറിവ് ആ ശാന്തി ഇടതടവില്ലാത്ത ശാന്തി അവിഛിന്നമായ ശാന്തി അത് തന്നെയാണ് ആത്മാവന്റെ സ്വരൂപം അത് എപ്പോഴും എപ്പോഴുണ്ട് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഏത് അജ്ഞാനിയുടെയും ദുഷ്ടന്റെയും ഉള്ളിലും ആ ശാന്തി സദാ ഒരു സ്ക്രീൻ പോലെ അധിഷ്ഠാനം ഉള്ളിലുണ്ട് പിന്നെ എന്താ അറിയാത്തത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുനേരം ഒന്നും ചെയ്യാതിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണത് കൊണ്ടാണത് അറിയാത്തത് ചിന്തയേത് എന്ന് ഭഗവാൻ പറഞ്ഞു ആത്മാവിനെ വരിച്ചിട്ട് കുറച്ചുനേരം കിഞ്ചിതപി ചിന്തയേത് കാരണം ഈ ചിന്ത പ്രവൃത്തി ഇത് രണ്ടും കാരണം നമ്മളുടെ സ്വരൂപത്തിലുള്ള ശ്രദ്ധ വിട്ടുപോകണം ആത്മസംസ്ഥം മന ചിന്തയേത് മനസിനെ മനസ്സിനെ സ്വരൂപത്തിൽ ഇരുത്തി അതായിട്ട് ഇരിക്കുക ഇതാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത് ഈശ്വര അനുഗ്രഹ ഫലം അനുകമ്പർമഹമജ്ഞാനമഹയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത ഭക്തി ഭഗവാന്റെ അടുത്ത് നിരന്തര അനുസന്ധാനമാണ് ഭക്തി ആ അനുസന്ധാനം ഉള്ളവർക്ക് ഈശ്വര അനുഗ്രഹം എന്ന് പറഞ്ഞത് അജ്ഞാനം നീങ്ങാം അജ്ഞാനം എങ്ങനെയാ ഇരിക്കണത് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തെവിടെയോ ഒരു സത്യമുണ്ട് എന്നുള്ള ഭ്രമമാണ് അജ്ഞാനം നമുക്ക് പുറത്തെവിടെയോ എന്തോ നേടിയെടുക്കാനുണ്ട് എന്റെ പൂർണത്വത്തിന് എന്തോ ഒരു സാധനത്തിന്റെ കുറവുണ്ട് എന്നൊരു തോന്നലുണ്ട് അതാണ് തമഹ ഇരുട്ട് എന്ന് പറഞ്ഞു ഭഗവാൻ ഇരുട്ടിന്റെ സ്വഭാവം എന്താണെന്നുവെച്ചാൽ ഏറ്റവും വലിയ വിഭൂതി അകത്തിരിക്കുന്നു അഹം ആത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിത എല്ലാവരുടെയും അന്തര്യാമിയായി ആത്മാവായി സദാ ഞാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഹേ ഗുഡാകേശ ഉറക്കൊഴിച്ച് തപസ് ചെയ്തിട്ടുള്ളവനാണ് അർജുനൻ അങ്ങനെയുള്ള ഹേ ഗുഡാകേശാൻ എല്ലാവരുടെയും ഹൃദയത്തില് ഞാൻ എന്നുള്ള അനുഭവ സ്വരൂപമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ൊരു അർത്ഥമായിട്ട് ഞാൻ സിദ്ധ വസ്തുവാണ് ഈശ്വരൻ സിദ്ധവസ്തുവാണ് ഇതാണ് ഗീതയുടെ നിർണയരൂപമായ അർത്ഥം പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഇത് പറഞ്ഞു ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത് എല്ലാവരുടെ ശരീരത്തിലും ക്ഷേത്രജ്ഞനായിട്ട് പ്തിരൂപത്തിൽ അനുഭവരൂപത്തില് ഞാൻ സിദ്ധനാണ് ആദിയിലും മദ്യത്തിലും അവസാനത്തിലും ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സുഖിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും ഒക്കെ മാറാതെ പുറകെ ഒരു നമ്മൾക്ക് വിട്ടുപോവാത്ത ഒരു കാര്യമുണ്ട് നമ്മൾ തന്നെ ബാക്കിയൊക്കെ വന്നു വന്നു പോവും അല്ലേ മഴയുണ്ട് മഴ പോകും നിങ്ങളൊക്കെ വന്നു നിങ്ങളും പോവും മനസ്സിൽ നല്ല വിചാരം വരും പോകും ചീത്ത വിചാരം വരും പോകും ഉറക്കം വരും പോകും ധ്യാനം വന്നു ആഹാ വന്നു പോയി ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി ദിവസവും ആയുസ് മുഴുവനും അനുസ്യൂതമായ കാലം മുഴുവനും മാറാതെ നിങ്ങളുടെ കൂടെ നിങ്ങളുണ്ട് ഈശ്വരം പോലും ഇല്ല പ്രപഞ്ചം പോലും ഇല്ല ഒന്നുമില്ല നിരന്തരം റൂമിൽ തനിയെ ഇരുന്നാൽ എന്തുണ്ടോ അതുമാത്രേ ഉള്ളൂ സത്യം സുഷുപ്തി അവസ്ഥയിൽ യാതൊന്ന് ബാക്കിയുണ്ടോ അതുമാത്രമേ ഉള്ളൂ സത്യം ബാക്കി എന്തൊക്കെ ജാഗ്രതും സ്വപ്നത്തിനും വരണോ ഒക്കെ പോയി പോകും ഉറക്കത്തില് അവശേഷിക്കണോ അതാണ് നിങ്ങളുടെ സ്വരൂപം അതാണ് നിങ്ങള് അതാണ് ആത്മാവ് അതാണ് ബ്രഹ്മം അത് തന്നെ ശിവൻ അത് തന്നെ വിഷ്ണു അത് തന്നെ കൃഷ്ണൻ അതൊരിക്കലും മാറണേ അല്ല അത് ശാശ്വതമായി സത്യം നിത്യനിരന്തരമുള്ള വസ്തു ഇതിനെ കേൾക്കണം ഇതിനെ നിരന്തരം മനനം ചെയ്യണം ഉള്ളിലിട്ട് കടയണം നിതിധ്യാസനം ചെയ്യണം നിധിധ്യാസനം ചെയ്യാന്ന് വെച്ചാൽ അതിനെ പ്രത്യക്ഷമായിട്ടുള്ളിൽ അനുഭവിക്കണം അത് മങ്ങിപ്പോവാതെ നോക്കണം ഇങ്ങനെയുള്ള സാധനകൾ കൊണ്ട് തപസ്സുകൊണ്ട് ജ്ഞാന ബഹവോ ജ്ഞാന തപസാ പൂത്താഹ ഒരു പ്യൂരിഫിക്കേഷൻ ഉള്ളിലൊരു പരിശുദ്ധി വരണം എന്താ പരിശുദ്ധി വെച്ചാൽ ഈ കള്ളം നമ്മളിൽ ഒരുപാട് അടിഞ്ഞുകൂടി കിടക്കണുണ്ട് അത് മുഴുവൻ കഴുകിക്കളയപ്പെടണം പാടി ഈ പൊയ് തീർന്നു പോണമെന്നാണ് കള്ളം തീർന്നു പോവുക പലതിലും ഇതിലുണ്ടോ അതിലുണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഓരോ വിശ്വാസം എല്ലാം മാറ്റി നോക്കുമ്പോ അവശേഷിക്കുന്ന ഒരു ചിത്ത് ഒരു സത്ത് ഉള്ള വസ്തു അത് തന്നെ വലിയ വിഭൂതി ഈശ്വരന്റെ ഏറ്റവും വലിയ വിഭൂതി ഈശ്വരനോട് പോയി നമ്മള് എനിക്ക് അങ്ങൊന്നും തന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയും ഞാൻ എന്നെ തന്നെ തന്നുകഴിഞ്ഞു നിനക്ക് പിന്നെ എന്താ നീ തരാനുള്ളത് നീ എന്നിട്ട് എന്നെ അവശ അവഗണിച്ചിട്ട് ശരീരത്തിനെയും മനസിനെയും ലോകത്തിനേയും പലതിനെയും പിടിച്ചും കൊണ്ട് ബാക്കിയൊക്കെ വിടൂ പൂർണ്ണ ഉണ്ട് നേടിയെടുക്കാൻ പറ്റില്ല ബാക്കിയുള്ളതൊക്കെ വിട്ടുകഴിയുമ്പോ ബാക്കി നിൽക്കുന്നതാണ് പൂർണ്ണത്വം സന്യാസ ബ്രഹ്മവിദ്യ എല്ലാം വിട്ടുകഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട് പൂർണം ശാന്തി